അദ്ദേഹം പറഞ്ഞു എൻറെ ജനതയെ എൻറെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിലായിരുന്നു ഞാനെന്നും അവൻ എനിക്ക് ഉത്തമമായ ഉപജീവനവും നൽകിയിരുന്നുവെന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഞാൻ നിങ്ങളെ വിലക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളോട് വിയോജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് കഴിയുന്നത്ര നന്മ വരുത്താൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അള്ളാഹു സുബഹാനഹുവത്തെ ആല നൽകുന്ന തോഫിയക്കല്ലാതെ മറ്റൊന്നുമില്ല എനിക്ക് അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചു അവനിലേക്കാണ് ഞാൻ മടങ്ങുന്നതും